ഹജ്ജ് നിശ്ചയിക്കപ്പെട്ട മാസങ്ങളിലാണ് ആ മാസങ്ങളിൽ ഹജ്ജിനായി നിയത്ത് ചെയ്തവൻ ലൈംഗികബന്ധത്തിലേക്കോ ദുഷ്കർമ്മങ്ങളിലേക്കോ തർക്കങ്ങളിലേക്കോ കടക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു നന്മയും അള്ളാഹുസുബാനഹുവലാ അറിയുന്നു നിങ്ങൾ വിഭവങ്ങൾ കരുതുക തീർച്ചയായും ഏറ്റവും നല്ല വിഭവം തക്കവയാണ് ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ ഭയപ്പെടുവീൻ